ഈ എപ്പിസോഡില് നമുക്ക് ഹെറോഡ് ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ കുറിച്ചുമൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഹെറോഡ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത് സുവിശേഷത്തിൽ പറയുന്നുണ്ട് ലൂക്കോസിന് സുവിശേഷത്തിൽ പറയുന്നത് യേശു ക്രിസ്തു ിയസ് എന്ന ഗവർണറുടെ കീഴ് നടന്ന സെൻസസിന്റെ സമയത്താണ് അതായത് അഗസ്റ്റസ് സീസറിന്റെ കീഴിൽ ഉള്ള സിറിയ ഭരിച്ചിരുന്ന ഗവർണർ ആയിരുന്നു ഈ ക്യുരീനിയസിന്റെ കീഴിൽ ഒരു യൂണിവേഴ്സൽ ടാക്സ് സെൻസസ് നടത്തിയായിരുന്നു ലൂക്കോസിന് സുവിശേഷത്തിൽ അങ്ങനാണ് പറയേണ്ടത് ഒരു കാര്യം ഓർക്കണം ക്യുനിയസിന്റെ ഭരണം സിറിയുടെ മേലുള്ള ഭരണം തുടങ്ങുന്നത് ഹെറോഡ ചക്രവർത്തി മരിച്ച മരിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞാണ് ക്യുരിനിയസിന്റെ ഭരണം തുടങ്ങുന്നത് അപ്പോൾ ലൂക്കോസിന് സുവിശേഷം പറയുന്നു ക്യുറീനസിന്റെ കീഴിലാണ് ഭരണത്തിന്റെ കീഴിലുള്ള സെൻസസ് നടത്തിയ സെൻസസിന് സമയത്താണ് യേശു ക്രിസ്തു ജനിച്ചതെന്നും മത്തായ് പറയുന്നു ഹെറോഡ് ചക്രവർത്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് സെൻസസ് നടത്തിയത് പിന്നെ അതായത് ഈ ഹെറോഡ ചക്രവർത്തിയുടെ ഭരണം ഹെന്റ് ചെയ്യുന്നത് ഫോർ ബി സി പക്ഷേ ഈ ക്യുരിനസിന്റെ കീഴിലൊരു സെൻസസ് നടക്കുന്നത് ക്യുരിനസ് ചാർജ് എടുക്കുന്നത് പത്ത് വർഷം ശേഷമാണ് അതാ ഫോർ ബി സി ഫോർ ത്രീ ത്രീ ടു വൺ ഒരു സിക്സ് സിക്സ് എ ഡിയിൽ പത്ത് വർഷം സിക്സ് എ ഡിയിലാണ് ക്യൂരിയസ് റോമ സിറിയയുടെ ഗവർണറായി ചാർജെടുക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമായി കേൾക്കുക ഈ സെൻസസ് നടന്നതെന്ന് പോലും സംശയമാണ് കാരണം റോമൺ റെക്കോർഡ്സ് അനുസരിച്ച് ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സൽ സെൻസസ് ിയൻ ചക്രവർത്തി വെസാസ്പിയൻ സീസറിന്റെ കീഴില് സെവന്റി ഫോർ എ ഡിയിലാണ് ആദ്യമായിട്ട് നടന്നിട്ടുള്ളത് വളരെ വ്യക്തമായി നോക്കുക മനസ്സിലാക്കുക ഇങ്ങനെ ലൂക്കോസിന് സുവിശേഷത്തിൽ പറയുന്ന പോലെ ഒരു സെൻസസ് നടന്നിട്ടില്ല ആ സമയത്ത് നടന്നിട്ടില്ല നടന്നു അത് ഓഗസ്റ്റ സീസറിന്റെ കീഴിലുള്ള ക്യുരിസിന്റെ ഗവർണർഷിപ്പിന്റെ കീഴിലല്ല അങ്ങനത്തെ ഒരു സെൻസസ് സെൻസസ് നട എടുത്തിട്ടുള്ള ശരിയാണ് സെൻസസ് നടന്നിട്ടുണ്ട് പക്ഷെ അത് എഴുപത്തിനാലാം ഏടിയിൽ വെസാസ്പിയൻ സീസറിന്റെ കീഴിൽ ഭരണത്തിന്റെ കീഴിലാണ് അങ്ങനെ ഒരു സെൻസസ് ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത് അപ്പോൾ ലൂക്കോസിന് സുവിശേഷത്തിൽ പറയുന്ന ഈ സെൻസസ് ഈ ഒരു കള്ളക്കഥയാണ് ഈ സെൻസസിൻ്റെ സമയത്താണ് യേശ്യ കൃഷി ജനിച്ചെന്ന് പറയുന്ന ഒരു കള്ളക്കഥയാണ് അങ്ങനത്തെ ഒരു സെൻസസ് ആ സമയത്ത് ക്യുറീനസിന്റെ കീഴിൽ അങ്ങനത്തെ ഒരു സെൻസസ് നടന്നിട്ടില്ല അപ്പൊ മത്തായി പറയുന്ന ഹിറോഡ ചക്രവർത്തിയുടെ കീഴിലാണ് യേശുക്രിസ് ജനിച്ചതെന്ന് പറയുന്നു അതിനൊരു തെളിവുമില്ല ലൂക്കോസ് പറയുന്നു ക്യുറീനസിന് കീഴിലുള്ള നടത്തിയ ഭരണത്തിന്റെ കീഴിൽ നടത്തിയ സെൻസസ് സമയത്താണ് യേശുക്രിസ് ജനിച്ചതെന്ന് പറയുന്നു അങ്ങനത്തെ ഒരു സെൻസസ് നടന്നിട്ടുമില്ല ക്യുരീനസ് എന്റെ ഭരണം തുടങ്ങുന്നത് ഹെറോഡ് ചക്രവർത്തി മരിച്ചതിന് ശേഷം പത്ത് വർഷത്തിന് ശേഷമാണ് ഞാൻ അവിടെ കിടക്കുന്നു പിന്നെ ഈ റോമക്കാർക്ക് വളരെ നല്ലൊരു മിലിറ്ററി ഗ്യാദറിങ് നെറ്റ്വർക്ക് ഉള്ളതാണ് നല്ലൊരു മിലിറ്ററി ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു ഏർ എന്ത് അവരെ ഭരിച്ചിരുന്ന രാജ്യങ്ങൾ പ്രദേശങ്ങളിലും അന്യ രാജ്യങ്ങളിലും ഒക്കെ ധാരാളം ചാരന്മാരുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ എല്ലാ മുകിലും മൂലും എന്തൊക്കെ നടക്കുന്നത് അതെല്ലാം അവരുടെ ഇടയിൽ ഇൻഫർമേഷൻ എത്തും ഇവർ എല്ലാ റെക്കോർഡ്സും സൂക്ഷിക്കുമായിരുന്നു ഈ ഹെറോഡ് ചക്രവർത്തി ഒരു മഹാ ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യാൽ ഇദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾ മരി കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ റെക്കോർഡ്സ് ഇവരെ റോമൻ ഭരണകൂടത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ദ മിലിറ്ററി ഇൻ്റലിജൻസ് ഗ്യാതറിങ് നെറ്റ്വർക്ക് പക്ഷേ ം പട്ടണത്തിൽ യേശുക്രിസ്തു ജനിച്ചെന്ന് പറയപ്പെടുന്ന സമയത്തുണ്ടായിരുന്ന സകല പിഞ്ചു കുഞ്ഞുങ്ങളെ നവജാത ശിശുക്കളെ എല്ലാം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ റോമക്കാരുടെ ഒരു റെക്കോർഡ് പോലുമില്ല എന്ത് ആർക്കറിയാം ഇത്രയും അതാ മൂന്ന് പേരെ കൊല്ലുന്നതാണോ അതോ ഒരു നഗര ഒരു പട്ടണത്തിലെ മൊത്തം പിഞ്ചു ശിശുക്കളെ കൊന്നൊടുക്കുന്നതാണ് ക്രൂരത ഏറ്റവും ക്രൂരത കൂടുതൽ ഇതാ റോമക്കാർ ക്രൂരത കുറവായിട്ടുള്ള കാര്യങ്ങളൊന്നും നോട്ടീസ് ചെയ്യാറില്ല ഭയങ്കര വലിയ ക്രൂരത തന്നെയാണത് ആ ക്രൂരതയെ ഒരു റെഫറൻസ് പോലും റോമക്കാരുടെ റെക്കോർഡ്സിലില്ല റോമക്കാർ പോട്ടെ അവിടെ ചുറ്റുമുള്ള ഇത്രയ്ക്ക് വലിയ ക്രൂരത നിറഞ്ഞൊരു സംഭവം ലോകം എന്ന് ആ സമയത്ത് അറിയാവുന്ന ആൾക്കാരെല്ലാരും പറഞ്ഞു വരത്തി ഇതൊന്നും തന്നെ ആരും ബാക്കിയുള്ള രാജ്യങ്ങളിലോ ബാക്കിയുള്ള ചരിത്രകാരന്മാർ ആ സമയത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാരോ ആരും തന്നെ ഒന്നും തന്നെ എഴുതിയിട്ടില്ല ജീവിതമലക്കാരുടെ സ്വയം ചരിത്ര പുസ്തകമായ ടാൽമണ്ടിൽ പോലും ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടില്ല ഏർ ചരിത്രകാരനായ നിക്കോളാസ് ഓഫ് ഡെമാസ്കസ് പോലും ഇങ്ങനൊരു കാര്യത്തിനെ കുറിച്ച് എഴുതിയിട്ടില്ല എന്തുകൊണ്ട് അങ്ങനൊരു കാര്യം നടന്നിട്ടില്ല എന്ന് ഈ റെക്കോർഡിങ്ങിൽ ഇത്രയുമേ ഉള്ളൂ താങ്ക്